അത് പ്രധാനമായും പറയാൻ ശ്രമിക്കുന്ന എന്താണ് ആത്മാവിനെ അറിയേണ്ടതാണ് ഒന്നും അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല ഇനി അറിയേണ്ടതാണ് ശരിക്കറിഞ്ഞിട്ടില്ല ഇനി അറിയേണ്ടതാണ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട് അല്പ അറിയാം ഞാനെന്നുള്ള അനുഭവത്തിൽ ആത്മാവിനെ അറിയുന്നുണ്ട് കൃത്യമായി അറിയുന്നുണ്ട് ദേഹം ഇന്ദ്രിയ മനസ്സ് ബുദ്ധി വിഷയങ്ങളിൽ നിന്നെല്ലാം നേരിട്ട് തന്നെ അറിയുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ അറിഞ്ഞാൽ അങ്ങനെ അറിഞ്ഞാൽ പോരാ അത് അതിന് ആത്മാവിനെ കുറിച്ചുള്ള സമ്യക്ല്ല അതിന് ശരിയായിട്ടുള്ള അറിവുണ്ടാവണം അത്രയും അറിഞ്ഞാൽ ഉണ്ടെന്ന് സമ്മതിക്കുന്നു ശരിയായും ഞാൻ ഉണ്ടായി കഴിഞ്ഞാൽ സംസാരം നിവർത്തി ഇതാണ് ആത്മാവിനെ അറിയുന്നതിന്റെ പ്രയോജനം അതാണ് സംസാരം നിവൃത്തി ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇന്നിപ്പോ ആർക്കും അറിയേണ്ട ആവശ്യമേ ഇല്ല എന്തുകൊണ്ട് അതുകൊണ്ടല്ല അതുകൊണ്ടല്ല ഇന്ന ആർക്കും അന്മാവിനെ അറിയേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഈ സംസാരം നിവർത്തിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല എങ്ങനെ ഇതൊക്കെ നിവർത്തിക്കുന്നു ഇപ്പൊ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് ഇതൊക്കെ നിവർത്തിച്ചു അങ്ങനെ ആർക്കും ആഗ്രഹമില്ല പഴയ അങ്ങനെ എന്താ പഴയകാലത്ത് മനുഷ്യർക്ക് ഈ സംസാരം നിവർത്തി സംസാരം എന്ന് ജനനം മരണം മാത്രമാണ് ജനനം മരണം സുഖം ദുഃഖം ഇവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും അതില് പഴയകാലത്ത് വളരെ പ്രധാനമായി പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളാണ് ജനനം മരണം എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് എന്തൊക്കെയാണ് കർത്തൃത്വം ഭോക്തൃത്വം അപ്പൊ ഇതിന്റെ ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത് വേദമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ സംസാരം നിവർത്തിക്കുന്നത് നമുക്കെന്ന് പറഞ്ഞാൽ ഒട്ട് ഫീൽ ചെയ്യത്തില്ല സംസാരം നിവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഒട്ട് ഫീൽ ചെയ്യത്തില്ല ഇപ്പൊ നിവർത്തിച്ചിട്ടും ചെയ്യാതെ നിവർത്തിക്കാ ഇല്ലാതാകും ഇല്ലാതാകണമെന്ന് പറഞ്ഞാൽ നമുക്കതിന് ഒട്ട് ഫീൽ ചെയ്യാത്ത എന്തുകൊണ്ട് നമുക്ക് ഈ കർത്തൃത്വം ഭോക്തൃത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല പഴയ കാലത്ത് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇത് ഈ കർത്തൃത്വം ഭോക്തൃത്വമൊക്കെ ഒരു വലിയ വിഷയമായി അവതരിപ്പിച്ചിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് അപ്പോഴാണ് ഈ മോക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അർത്ഥവത്താവുന്നത് അതുകൊണ്ടാണ് കർത്തൃത്വം ഭോക്തൃത്വമൊക്കെ വരുന്ന വേദത്തിൽ പറയുന്നു നിങ്ങളിവിടെ യാഗങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊരും സ്വർഗത്തിൽ പോകും സ്വർഗത്തിൽ പോയി അവിടുത്തെ സുഖമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനും വീണ്ടും തിരിച്ചു അപ്പൊ ഇതിനെ അന്ന് കണക്കാക്കുന്നത് വലിയൊരു യാത്രയായിട്ടാണ് ഇതാണ് സംസാരവും വെച്ച അസൃഗത്തോ സംസരണവും വെച്ചാൽ യാത്ര ചെയ്യുക എന്ന് അവിടെ പോവുക തിരിച്ചു വരിക അവിടെ പോവുക തിരിച്ചു വരിക ഇതിൽ തന്നെ ശരി ഇങ്ങനെ തിരിച്ചു വരുന്നതിന് പറയുന്നത് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വീണ്ടും ഗർഭവാസം ഗർഭവാസം എന്ന് പറഞ്ഞാൽ ആ ഗർഭവാസം എന്ന് പറഞ്ഞ ഈ അതിനെക്കുറിച്ചൊക്കെ പഴയകാലത്ത് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത് ഭയങ്കര ഇതായിട്ടാണ് അതായത് അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് കിടക്കുമ്പോ ഈ അമ്മ വറ്റന് മുളക് ചമ്മന്തി കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് പൊള്ളുമെന്നാണ് പിന്നെ ഈ മലവും മൂത്രവുമൊക്കെ പിന്നെ അതിന്റെ അടുത്താണ് കിടക്കുന്നത് ഇതൊക്കെ ഈ കുട്ടിക്ക് വലിയ പ്രശ്നമൊന്നാണ് അത് പ്രശ്നമില്ല അതായത് ഭക്ഷണമാണ് നമ്മൾ ഈ വയറ്റി കിടക്കുമ്പോ നമ്മുടെ പ്രധാന ഭക്ഷണം എന്താണ് അവന്റെ മലവും മൂത്രവും കഴിച്ചാണ് വളരുന്നത് അതിനകത്തിരുന്നത് അതിന്റെ പ്രധാന ഭക്ഷണം അതാണ് അപ്പൊ അത് അവർക്കറിയില്ലായിരുന്നു അതിനെക്കുറിച്ചൊന്നും കൊണ്ടുള്ളവർക്ക് അറിയത്തില്ല അവർ വിചാരിക്കുന്ന മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്നു മലമൂത്രമായിട്ടൊന്നും അവർ ബന്ധമില്ല രണ്ട് ബന്ധവസാക്കി ഫ്രിഡ്ജിനകത്ത് വച്ചിരിക്കുകയാണ് എന്നൊരു മലവും മൂത്രമായിട്ടൊന്നും ഒരു ബന്ധമല്ലോ പക്ഷേ പണ്ട് ആൾക്കാർക്ക് അതൊക്കെ ഇനി ഇപ്പോൾ വയറ്റിനകത്ത് തന്നെ കിടക്കുന്ന അവിടെയും മലം കിടക്കുന്ന മൂത്രം കിടക്കുന്ന ഇതെല്ലാം കൂടെ കുഴഞ്ഞു പറഞ്ഞവിടെ കിടക്കുകയാണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അത് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ മലമൂത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്വന്തം മലവും മൂത്രമാണ് എൻ്റെ പ്രധാനമായ അപ്പോ അതാണ് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മളെല്ലാരും അവരുടെ മനവും മൂത്രം ഇപ്പൊ വലിയ ആൾക്കാരായപ്പോ കഴിക്കുന്നില്ല കൂടിയ ആൾക്കാരായപ്പോ ഇതൊക്കെ കഴിക്കില്ല എപ്പോ അതാ അവിടെ കിടന്ന് ജീവിച്ചതുകൊണ്ട് ഈ ഗർഭവാത്തിനകത്ത് നടന്ന് ഇത് കഴിച്ച് ജീവിച്ചുകൊണ്ടാണ് പുറത്തു വരുമ്പോൾ വീണ്ടും അത് കഴിക്കാൻ അവന്റെ കുറ്റമല്ല അതായിരുന്നു അവന്റെ പ്രധാന ഭക്ഷണമാണ് അങ്ങനെയാണ് വളർന്നവർ അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ശരിയായ ധാരണയൊന്നും പഴയ കാലത്തില്ലായിരുന്നു അവിടെ ഈ പറയുന്ന പോലെ അവിടെ കിടന്ന് ഈ ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിന് അത് എന്താണ് ഒരു ജീവൻ രൂപപ്പെട്ടു അതിൻ്റെ ബ്രെയിനിന് അത്ര വളർച്ചയൊന്നുമില്ല ബ്രെയിൻ ചെറുതായിട്ടൊന്ന് രൂപപ്പെട്ടു അതിൻ്റെ ഒരു ബോധമയാണ് അധികം ഒന്നുമില്ല പിന്നെ അത് കുറച്ച് വളർന്നു വരുമ്പോൾ എന്താണ് അതിന് അതിൻ്റെ നിലയ്ക്കുള്ള സുഖ ദുഃഖാനുഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെതായ രീതിയിലുണ്ട് നമ്മൾ അനുഭവിക്കും പോലെയൊന്നും അല്ല അത്രയും അനുഭവിക്കുന്നതിനുള്ള ബ്രെയിനിന് വളർച്ച ഉണ്ടാകും ഉണ്ടാകുന്നു പക്ഷേ അതിന് സുഖം ദുഃഖുക എന്നുകൊണ്ട് അത് ചെറിയ രീതിയിലാണ് വലിയ രീതി നമ്മളെ പോലെയല്ല അപ്പൊ ഇതൊക്കെ വലിയ കഷ്ടപ്പാടാണ് അതുകൊണ്ട് ജനിക്കാൻ പാടില്ല മനത്തിൽ കിടക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു ധാരണ കൊണ്ടാണ് സംസാരം വേണ്ട എന്നുള്ള ഒരു ധാരണയാണ് അപ്പോ അതുകൊണ്ട് എന്ത് വേണം സംസാരം പ്രവർത്തിക്കും അപ്പോ ആദ്യം എന്താണ് ചില സിദ്ധാന്തങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു ഉറപ്പിച്ച ഈ ചർച്ച പോകുന്നത് ഒന്ന് നമ്മുടെ ഈ അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തിന് ആധാരമായിട്ട് ജനിക്കുകയും വരികയും ചെയ്യാത്ത ഒരു ആത്മാവുമുണ്ട് സിദ്ധാന്തമാണ് അങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു ആത്മാവുണ്ട് അത് അങ്ങനെ ഉണ്ട് എന്ന് അംഗീകരിച്ചാലും അതിൽ ഈ ചർച്ചയ്ക്ക് അർത്ഥമാണ് ഈ അനുഭവത്തിന്റെ പിന്നിൽ അങ്ങനെ ജനിക്കുകയും വരികയും ചെയ്യാത്ത നിത്യമായ ഒരു ആത്മാവില്ലെങ്കിൽ ഈ ചർച്ചയുടെ ആവശ്യമുണ്ട് അതാണ് ആദ്യം ഇവിടെ ഇത്രയും യുക്തിയുക്തമായി പൂർവപക്ഷിയുടെ പേരിൽ സമർത്ഥിക്കുന്ന എന്താണ് സിദ്ധാന്തമാണ് എന്ന് വെച്ചാൽ ഈ പറയുന്നിടത്തുള്ള നാസ്തികന്മാർ നാസ്തികന്മാർ ചാർവാകനും മറ്റും ഒരു ആത്മാവേ ഇല്ല ഈ അഹവും പറയുന്ന ബോധം ഇത് ജീവിച്ചിരിക്കുന്നത് വരെയുള്ളൂ ചാവും പോകും അല്ല ഈ ബോധത്തിന്റെ പിന്നിൽ ചാകാത്ത ഒരാത്മാവുണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ആൾക്കാരെ പറ്റിക്കാൻ പറയും അങ്ങനെ ഉണ്ടെന്നുള്ള എന്താ തരും അതാണ് അവർ യോഗി ആര് ചെറുകൊന്നും അങ്ങനെയല്ല എന്താണ് ഈ ശരീരത്തിന്റെ പിന്നിലുള്ള ഒരാത്മാവുണ്ട് ഈ ആത്മാവാണ് കർത്താവ് എന്ന് വെച്ചാൽ യാഗം ഈ ആത്മാവിനെ എന്താണ് ഭോക്താവ് സ്വർഗത്ത് പോയി അത് അനുഭവിക്കുന്നു അപ്പൊ കർത്താവും ഭോക്താവുമായിട്ട് ഒരാത്മാവുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി കർത്താവും ഭോക്താവുമായിട്ട് ഒരാത്മാവുണ്ടെന്നുള്ളതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കി ശ്രുതി അങ്ങനെ മനസ്സിലാക്കി അതായത് യാഗം ശ്രുതി പറഞ്ഞിരിക്കുന്നു യാഗം യാഗം ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഫലം കിട്ടുന്നതെന്നാണ് മരിച്ചതിന് ശേഷം ശുഗത്തിൽ അപ്പൊ യാഗം ചെയ്യുന്നതിന് സ്വർഗത്തിൽ ഫലം കിട്ടുന്നോങ്കിൽ അവൻ പൂർണ്ണമായും ചത്തുപോയാ പറ്റൂ ഇല്ല അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് ഒരാളുണ്ട് അയാളാണ് ഈ യാഗം ചെയ്യുന്നത് ഈ ശരീരമാണ് അയാളാണ് കർത്താവ് മൂച്ച യാഗം ചെയ്യുന്നത് ഭർത്താവ് ഉച്ച യാഗം ചെയ്യുന്ന അയാൾ തന്നെ എന്ത് ചെയ്യുന്നു ഫലത്തെ അനുഭവിക്കുന്നു അപ്പൊ വേദത്തിൽ വിധിച്ചിരിക്കുന്ന ഈ യാഗം അത് ചെയ്താ സ്വർഗം കിട്ടും എന്ന് വേദം പറയുന്നു അപ്പൊ ആ വാക്യം ശരിയാകണം എന്ത് വേണം ശരീരത്തിൽ നിന്ന് വേറിട്ട് ഒരാത്മുണ്ടാവണം അപ്പൊ പറയും എന്താ പറഞ്ഞ നിങ്ങൾ വേദം എന്താ പ്രശ്നം ആത്മാവും വേണ്ട ചരകം പറ ചരവും പറയുന്നത് എന്താണ് പറയുന്നത് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗം ശരിയാവണം ജാഗം ചെയ്യുന്നവരത്തെ ഇവിടെ വേണം അവ ജാഗം ചെയ്യുന്ന സ്വർഗം അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വേദവാക്യം വെറുതെയായി ചർവം പറയുന്നത് വേദവാക്യം വെറുതെ ആയിക്കോട്ടെ അങ്ങനെ പ്രത്യേകിച്ചൊരു ആത്മാവുമില്ല അത് കർമ്മവും ചെയ്യുന്നില്ല അത് സ്വർഗത്തിനും പോകുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല എന്ന് സ്വീകരിച്ച് എന്താ കൊടുക്കും വിവാംസന് പറയുന്നത് അത് ശരിയാകില്ല വേദം എന്ന് പറയുന്നത് അനാദിയാണ് അവർ ഈശ്വരൻ പറഞ്ഞതൊന്നും പറയത്തില്ല ഈശ്വരൻ എല്ലാവർക്കും വേദം എന്ന് പറയുന്നത് എന്താണ് അനാദി കാലമായിട്ടുള്ളത് സത്യമാണ് വേദം അത് അംഗീകരിച്ചേ സത്യമായ വേദമാണ് പറയുന്നത് അപ്പോ ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അത് സത്യമായി അംഗീകരിച്ചേ പറ്റും ചിലവുമരൂർ സത്യമാണെന്ന് പറയാം അവരോട് വേണ്ട നിങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ ഞങ്ങളതിന് സത്യമായി അംഗീകരിക്കുന്നു ഞങ്ങളെന്ത് ചെയ്യുന്നു സർവ്മാരോടെ നിങ്ങൾ അംഗീകരിക്കില്ല വേദസത്യമല്ല മീമാസാരം എന്ന് പറയും വേദം സത്യമാണ് വേദത്തിൽ പറഞ്ഞ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യാഗം ചെയ്യണം യാഗം ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും വേദത്തിൽ പണി എന്തുകൊണ്ട് വേദ സത്യവും വേദത്തിന് നാശവും ദൈവത്തിനെ അവര് അവർക്ക് വേണ്ട വേദം ഇപ്പൊ ചില ഭാഗം പറയും എല്ലാവരും പോലെ ഇങ്ങനെ ആഗോള തട്ടിപ്പ് ആഗോള തട്ടിപ്പ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേ തരത്തിൽ തന്നെ ർഗം അപ്പൊ ചാർവാകം പറയും എന്താണ് ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല അപ്പൊ വിവാസം പറയും പോക്കി മാറ്റവും മറിച്ച് പോയി ഒരിക്കലും നശിക്കുന്ന പോലെ ഇത്രവാസി ഞങ്ങൾക്ക് വേറെ ആൾക്കാരുണ്ട് യാഗം ചെയ്യാം നിന്റെ കാശി ഞങ്ങൾക്ക് വേണ്ട വേറെ ഇത് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യും പറയാ ഈ കമ്മ്യൂണിസ്റ്റ് കാരണം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഭക്തന്മാർ വരും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഭക്തന്മാർ അതുപോലെ തന്നെ പണ്ട് ഭീമനാസുകാരൻ പറഞ്ഞു എന്താണ് കമ്മ്യൂണിസ്റ്റ് വേണ്ട ചാറവാ കമ്മ്യൂണിസ്റ്റാണ് അവൻ വേണ്ട പിന്നെന്താണ് ഞാനിത് ഈതേ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയുന്നതല്ല ഞാനിത് പറഞ്ഞപ്പോ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ മാവോപാദിയാണ് വേഷം പറയുന്നില്ല മാവോപാദി എന്ന് പറയുന്നതാണ് സ്വാമിമാർ ഇതൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോ ഇങ്ങനെ പറഞ്ഞു അപ്പോ മീമാംസകരെന്ത് ചെയ്തു അവർ പറയുന്നത് വേദസത്യമാണ് വേദി പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം മറ്റുള്ളവരോട് പറഞ്ഞത് ഇനി ഇത് അംഗീകരിക്കാത്തവരുണ്ട് അവരെ ബഹിഷ്കരിച്ച് അവരു റിപ്പോർട്ട് അവർ നന്നാകാത്തത് ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം യാഗം ചെയ്യണം നിങ്ങൾക്ക് സ്വർഗം കിട്ടും അപ്പൊ അതിൽ എന്ത് ചെയ്തു വിശ്വസിച്ചവരെന്ത് ചെയ്തു യാഗം ചെയ്ത് സ്വർഗത്ത് പോവും തിരിച്ചു വരും സ്വർഗത്ത് തിരിച്ചു വരും എങ്ങനെയാണ് ഇങ്ങനെ പോയി വന്നു വരുന്നപ്പോഴാണ് മറ്റു ചില ആൾക്കാർ പറഞ്ഞു അങ്ങനെ ദൈവം വേണ്ട എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല അവർക്ക് ദൈവം കൂടെ വേണം വേറെ ആൾക്കാർ എന്ത് ചെയ്തു പിൽക്കാലം ദൈവത്ത് കൂടെ കൊണ്ടുവന്നു അതുവരെ ദൈവമില്ലായിരുന്നു മീവാംസകർക്ക് ദൈവം വേണ്ട പറഞ്ഞു വേദമൊക്കെ ശരിയെന്നേ പക്ഷെ ആ വേദം നിത്യമാണ് സത്യമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് വേദത്തിന്റെ പിന്നിൽ ആരോ ആ പിന്നിലുള്ള ആരാണ് അത് ദൈവമാണ് ദൈവമാണ് വേദത്തിൽ പറഞ്ഞത് കുഞ്ഞ്യമാംസകരെ തട്ടി ദൈവം പറഞ്ഞ വേദം അതുകൊണ്ട് യാഗം ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് പറയുന്നത് വേദം നിത്യമാണെന്ന് പറയുന്നതിൽ നിന്നും ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു ദൈവത്തെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവരെല്ലാം അത് അവർ ദൈവം പറഞ്ഞുകൊണ്ട് സത്യമാണ് എന്താണ് യാഗം ചെയ്ത സ്വർഗം കെട്ട് ഇങ്ങനെയുള്ള അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അടുത്ത് ഒരാശയം വരുന്നത് മോക്ഷം അപവർഗം മോക്ഷം വേണം എന്നൊരു ആശയം വരും ഈ മോക്ഷം എന്ന് പറയുന്ന ഈ സ്വർഗത്ത് പോയതിന് മാത്രമല്ല ജീവിതം പറയുന്നത് ഭയങ്കര ദുരിതം അവിടെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് വിധിയിൽ ഒരു മുക്തി കിട്ടണം മോക്ഷത്തെക്കുറിച്ചുള്ള ഒരു അങ്ങനെ വരുമ്പോഴാണ് അദ്വൈതികൾ അവിടെ പ്രകടം അദ്വൈതി ആ അതാണ് ശരിയായ കാര്യം അപ്പോ സ്വർഗത്തിനും പോകേണ്ട നരകത്തിനും പോകേണ്ട വേണ്ട എന്ത് ചെയ്യണം മോക്ഷം കിട്ടണം ആർക്ക് ഈ പോയി വരുന്ന ആത്മാവനം ആത്മാവ് ഉണ്ടെന്നവരെ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ നേരത്തെ മീമാംസകരെ തന്നെ പറഞ്ഞാൽ ആത്മാവുണ്ടെന്ന് അപ്പൊ മോക്ഷം കിട്ടുന്നവരുടെ ഏറ്റവും നല്ല വഴി എന്നാണ് അവർ അദ്ദേഹം ചെയ്ത മോക്ഷ ആത്മാവിനെ തന്നെ ഒന്ന് പരിഷ്കരിച്ച് മോക്ഷത്തെക്കുറിച്ചുള്ള പുതിയ ആശയങ്ങളുണ്ടായി അപ്പോ സംസാര നിവൃത്തി ഉണ്ടായതേ മോക്ഷമുണ്ടാകും ഇതാണ് അദ്വൈതീയുടെ പിടിവാശി ഈ പോക്ക് വരവ് അവസാനിച്ചാല് അപ്പൊ ഈ പോക്ക് വരവ് അവസാനിക്കുന്ന എങ്ങനെ അവസാനിക്കും കാരണം കർമ്മം ചെയ്താൽ അവിടെ പോകും മനുഷ്യന് അവിടെ പോയി ഇതൊക്കെ അനുഭവിക്കണം ഇതൊക്കെ എഴുതി വെച്ചിരിക്കാൻ കൾഫിൽ പോകുന്ന പോലെയാണ് ആഗ്രഹം വന്നപ്പോ എന്താ ഒരു വഴി അപ്പോ അദ്ദേഹം ഈ പറഞ്ഞു ഈ മോക്ഷത്തിന് സംസാര നിവൃത്തി സംഭവം സംസാര നിവൃത്തി എന്ന് പറഞ്ഞാൽ പോക്ക് വരവ് അവസാനിക്കണമെന്നല്ല വല്ലയോ ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതാവണം ആത്മാവിനെയൊക്കെ പരിഷ്കരിച്ച് പ്രപഞ്ചമില്ലാതായി കഴിഞ്ഞാൽ അത് തന്നെ എന്തോ സംസ്കാരം നിവർത്തി ഇപ്പോ ഒരാൾ മുക്തനാണ് ഇപ്പോ സംസ ഈ പ്രപഞ്ചം അങ്ങനെ ഇല്ലാതാവും അതിനുവേണ്ടിയിട്ടാണ് അവർ പറഞ്ഞ എന്താണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മിഥ്യയാണ് അസത്യമാണ് അസത്യമായതുകൊണ്ട് എന്തെങ്കിലും പ്രപഞ്ചം നിവർത്തിക്കാം അസത്യമായതെങ്ങനെ നിവർത്തിക്കും ജ്ഞാനം കൊണ്ട് നിവർത്തിക്കും ഇപ്പൊ ജ്ഞാനം കൊണ്ട് നിവർത്തിക്കണമെങ്കിൽ അസത്യമാകണം അസത്യം നിവർത്തിക്കണമെങ്കിൽ ജ്ഞാനം വേണം ഇതാണ് പ്രപഞ്ചം നിവർത്തിക്കണമെങ്കിൽ എന്ത് വേണം അത് അസത്യമാണ് അസത്യം നിവർത്തിക്കണമെങ്കിൽ എന്ത് വേണം ജ്ഞാനം ഇപ്പൊ ജ്ഞാനം കൊണ്ട് നിവർത്തിക്കണമെങ്കിൽ എന്ത് വേണം ഇത് അസത്യമാണ് അന്യോന്യാശ്രയം എന്ന് പറയുന്നതാണ് ദോഷം പ്രപഞ്ചം നിവർത്തിക്കണമെങ്കിൽ എന്ത് വേണം അത് അസത്യമാണ് അസത്യം നിവർത്തിക്കണോ എന്ത് വേണം ജ്ഞാനം കൊണ്ട് നിവർത്തിക്കണമെങ്കിൽ എന്ത് വേണം അസത്യമാണ് മനസ്സിലാവും അതിനുവേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുക ആദ്യം തീരുമാനിക്കുന്ന പ്രപഞ്ച അസത്യമാണ് അത് സമർത്ഥിക്കും പ്രപഞ്ച അസത്യമാണെന്ന് സമർപ്പിക്കും അത് നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുവരെ പറഞ്ഞത് വെച്ചാൽ അധ്യാസ് എന്ന് പറയുന്ന ഭ്രാന്തി അങ്ങനെയാണ് ബ്രഹ്മസൂത്രത്തോടൊക്കെ ഭ്രാന്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഈ ഭ്രാന്തി പ്രപഞ്ചം ഭ്രാന്തിയാണെന്ന് സമ്മർദ്ദിച്ചാൽ മാത്രമേ ഇത് നിവൃത്തി ഇത് നിവർത്തിക്കാൻ ജ്ഞാനത്തെ ആശ്രയിക്കാൻ പറ്റൂ ഭ്രാന്തി എന്ത് ചെയ്യുന്നു അങ്ങനെ അദ്വൈത സദ്ദേഹേ ദ്വൈത മിഥ്യാത്വപൂർവകത്വം അത് അദ്വൈത സിദ്ധി പറയുന്നതാണ് അദ്വൈതം എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ആദ്യം എന്ന് സംഭവിക്കണം പ്രപഞ്ചം മിഥ്യ അതിനുവേണ്ടി പിന്നെ എന്താണ് യുക്തി യുക്തി വിചാരങ്ങൾ അപ്പോ തന്നെ ഒരുപാട് മോക്ഷവാദികളുണ്ട് മോക്ഷം എങ്ങനെയാണോ എങ്ങനെയാണോ എന്ന് പറയുന്നവരുണ്ട് പ്രപഞ്ച സത്യം എന്ന് പറയുന്നവരുണ്ട് അവന്റെ അസത്യം എന്ന് പറയുന്നവരുണ്ട് ഇവരെല്ലാം നേരിട്ട് ഇവരോടെ യുദ്ധം ചെയ്ത് അദ്വൈനിക്ക് ജയിക്കേണ്ടി വരും ആശയപരമായെത്തും വേറെ അടിപൊളിയെത്തി അപ്പൊ അതിനുവേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ ആദ്യം ഭാഷകാരെ എന്ത് ചെയ്തു അധ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യും അപ്പോ ആത്മാവുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇപ്പൊ പൂർവപക്ഷി തന്നെ സമ്മതിച്ചു ഇനി അധ്യാസം കൂടെ കഴിഞ്ഞാൽ പകുതി ജോലി പ്രപഞ്ചം മിത്തിയായി പിന്നെ ഞാനുകൊണ്ട് നശിക്കും എളുപ്പമായി മോക്ഷം എളുപ്പമായി അപ്പൊ ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ച ചോദ്യമൊന്നാണ് പ്രപഞ്ചം നിവർത്തിക്കണം എന്ന് ആരും ആഗ്രഹിക്കാറില്ല പ്രപഞ്ചം നിവർത്തിക്കുന്നതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ ആർക്കും പ്രപഞ്ചം നിവർത്തിക്കണമെന്നില്ല ഉണ്ടാവും നിവർത്തിക്കുന്ന ഇങ്ങനെ ആയിരുന്നുണ്ട് ജീവിതം വെച്ചാൽ എങ്ങനെയായിരുന്നു സ്വാമിയായിട്ടും അങ്ങനെ ഒരു ജീവിതം പോണം പ്രപഞ്ചം എന്തിനാണ് നിവർത്തിക്കുന്നത് അതാർക്കും നിവർത്തിക്കേണ്ട അതുകൊണ്ടാണ് ഇന്ന ആൾക്കും എന്താണ് അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഇന്ന് സംഭവത്തിനോടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന്റെ ലോലകം എന്ന് പറഞ്ഞാൽ എന്തിനും ആൾക്കാർ അല്ല ആൾക്കാർ പറയും ഗുരു പറഞ്ഞത് എന്ത് ചെയ്യും ഗുരു പറഞ്ഞതുകൊണ്ട് നമുക്കത് അംഗീകരിക്കാം പക്ഷെ നമുക്കത് വിഷയം നമ്മളെ സംബന്ധിച്ചത് വിഷയം എന്താ ഗുരു പറഞ്ഞതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാം ഇത്രയോ പേർ അതിനപ്പുറം അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം അപ്പൊ ഇവിടെ പ്രപഞ്ചം നിവർത്തിക്കും നിവർത്തിക്കണമെങ്കിൽ അധ്യാസം എന്തെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അവന് മനസ്സിലാവും പ്രപഞ്ചം നിവർത്തിക്കും അതുകൊണ്ട് ഇവിടെ അതാണ് തുടങ്ങുന്നത് അതുകൊണ്ട് പറയുന്നു ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ അതിനെ അറിയണം അതിൻ്റെ അറിവ് കൊണ്ട് സംസാരം നിവർത്തിക്കും സംസാരം നിവർത്തിക്കുന്നത് മിഥ്യ ആയതുകൊണ്ടാണ് സംസാരം നിവൃത്തിയാണ് മോക്ഷം വാ മോക്ഷം എന്ന് പറയുന്നതിന് വേണ്ടി ഇതൊക്കെ ചെയ്യണം എന്നാണ് അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ചർച്ച ചെയ്യുന്നത് ഇതിനെ മുൻ നിർത്തിയാണ് അപ്പോ ആദ്യം എന്ത് ചെയ്യുന്നു അധ്യാസത്തിന് എതിർക്കുന്ന ഒരു പറയണം അധ്യാസം അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല പണ്ടും അങ്ങനെ എങ്ങനെ ഒരു ആശയം പറഞ്ഞാൽ എതിർക്കുന്നവരും കാണും അപ്പോ മനുഷ്യന്റെ ചരിത്രത്തില് മുഴുവൻ അങ്ങനെയാണ് ആര് എന്തൊരാശയം പറഞ്ഞാലും ഉടനോട് ചോദ്യം വരും എതിർപ്പ് ആശയപരമായ സംഘടന എപ്പോഴും ഉണ്ടോ രണ്ട് മനുഷ്യരുണ്ടോ അവിടെ ആശയ സംഘടനകളുണ്ടോ സ്വാഭാവികമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം യോഗിച്ചാൽ ഒരു ശതമാനത്തിലെങ്കിലും എതിർപ്പ് വരും അത് സ്വാഭാവികമാണ് അപ്പോ അത്വൈതി അധ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേര് എതിർപ്പും ആ എതിർപ്പിന്റെ ഭാഗമാണ് നേരത്തെ നമ്മൾ കണ്ടാൽ അതൊന്നും ശരിയാകത്തില്ല അതിന്റെ ഭാഗമാണ് ഈ കണ്ടത് അപ്പോ അഭിപ്രായ ഐക്യം എന്ന് പറയുന്നത് എല്ലാ അഭിപ്രായത്തിലും ഉണ്ടാകത്തില്ല ചില അഭിപ്രായങ്ങളും ഐക്യം ഉണ്ടാവും മനുഷ്യരെ എല്ലാ അഭിപ്രായത്തിലും ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ ആർക്കും സാധ്യത്തില്ലേ സ്വാമിമാരെ വളരെ ഐക്യത്തിൽ കഴിയണമെന്ന് പറയുന്നു വിവരമില്ലാത്തവരാണ് അല്ലേ ഇപ്പൊ അങ്ങനെ ഒരു സാമുമാർ കഴിഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഈ ശങ്കരായ എല്ലാരോടും ഐക്യമുണ്ടാവേണ്ട ഇവരൊക്കെ എതിർക്കേണ്ടവരുടെ കാര്യമാണ് എല്ലാരും എതിർക്കുന്നു അദ്വൈന ഈ പറയുന്ന സാമുമാർ കാണാൻ എത്രയോ എന്താ എല്ലാരോടും യോജിക്കാത്ത അഭിപ്രായം ഉണ്ടെങ്കിൽ എതിർക്കും വരും അപ്പൊ അഭിപ്രായത്തിൽ ഐക്യം എന്ന് പറയുന്നത് എന്താണ് അതിനുണ്ടാകാൻ പ്രയാസം പക്ഷേ മനുഷ്യന് മുന്നോട്ട് പോണെന്നുണ്ടെങ്കിൽ എന്താണ് പല കാര്യങ്ങളിലും ഐക്യമുണ്ടായതേ അത് മറ്റൊരു വിഷയമാണ് അഭിപ്രായ ഐക്യമുണ്ടായതെ മനുഷ്യന് മുമ്പോട്ട് പോകാൻ പല കാര്യങ്ങളും അപ്പോ അഭിപ്രായ ഐക്യം പോലെ തന്നെ അഭിപ്രായ അനയിക്കം പോലെ തന്നെ അഭിപ്രായ ഐക്യവും വേണം രണ്ടും വേണം അപ്പൊ ചിലടത്തൊക്കെ അഭിപ്രായം മുന്നോട്ട് പോകാൻ വേണ്ടി അഭിപ്രായ ഐക്യം വേണ്ടി എന്നാൽ ചില ഭാഗങ്ങളൊക്കെ അഭിപ്രായം അനയിക്കുകയും നിലകുന്നു എന്നാലേ മനുഷ്യർക്ക് മനുഷ്യർക്ക് മൊത്തം അപ്പൊ അഭിപ്രായ അനൈക്യമേ പാടണോ അങ്ങനെ ഒരു ഇതില്ല മനസ്സിലായ അതുകൊണ്ട് ഇപ്പൊ ഭാഷ്യകാരനെന്ത് ചെയ്യും ഈ ചർച്ചയിൽ അഭിപ്രായ ഐക്യവും ഉണ്ട് അഭിപ്രായ അനൈക്യമുണ്ട് രണ്ടും ഉണ്ട് എന്ന് വെച്ചാൽ അഭിപ്രായ ഐക്യം എവിടെയാ ഈ പറഞ്ഞു തരാം ഞാൻ പറയും ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ഭീമാംസരുമായിട്ടൊക്കെ യോജിച്ചു അഭിപ്രായിക്കുന്നു അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും അങ്ങനെ ഒരു ആത്മാവില്ല എന്ന് പറഞ്ഞെടുത്ത് എന്ത് ചെയ്തു ചർവാകനുമായിട്ട് എതിർത്ത് അഭിപ്രായിക്കുന്നു അപ്പോ ഇത് രണ്ടും വേണം ഒന്ന് മാത്രമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് ഇത്രയും ചർച്ച വന്നത് ആദ്യം അദ്വൈതിക്ക് യോജിക്കാന്നുള്ളൊരു ഭാഗം ആത്മാവുണ്ട് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവ് നമ്മുടെ മീമാംസകരോട് പിന്നെ ആത്മാവ് എങ്ങനെയായിരിക്കും എന്താണ് അവിടെ ഒരു വീണ്ടും അഭിപ്രായ വ്യത്യാസം വരും അംഗീകരിച്ചു പിന്നെ എല്ലാവരോടും എതിർപ്പുള്ള ഒരു ഭാഗ്യമാണ് അത്യാസം പ്രപഞ്ച അസത്യമാണ് അത് അംഗീകരിക്കാത്തവരൊക്കെ എതിർക്കും അത് എതിർക്കും അത് എന്തുകൊണ്ട് എതിർക്കുന്നു ഭാഷകാരനെ സംബന്ധിച്ച് അതാണ് സത്യം നമ്മൾ പറയാനുള്ളത് ഞാൻ എന്റെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു ന്യായത്തിന് വേണ്ടി നിലകൊള്ളുന്നു ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ പറയാറില്ലേ എന്താ ഇതിന്റെ കഴമ്പ് ഈ പറയുന്നതിന് എന്തെങ്കിലും കഴമ്പുണ്ടോ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന ന്യായം സത്യം നന്മതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് സത്യമായിരിക്കണമെന്നൊന്നും നമ്മൾ വിചാരിക്കണം എന്ത് ഇതാണ് സത്യം ഇതാണ് ന്യായം ഇതാണ് ശരി എന്ന് നമ്മൾ എന്തിനോ എന്ന് ധരിച്ചിട്ട് അതിനു വേണ്ടി എന്ന് ഫൈറ്റ് ചെയ്യണം അത് ശരിയാണോ തെറ്റാകാ എന്തോ ശരിയാ തെറ്റാണോ തിരിച്ചറിയാതെയാണോ നിൽക്കുന്നതെങ്കിലോ അവിടെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഭാഷകാരൻ എന്ത് ചെയ്യുന്നു താൻ സത്യം ശരിയെന്ന് വിചാരിക്കുന്നു ഒന്നിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് ഈ ജഗത്ത് മിഥ്യയാണോ അതാണ് കൂടെ പൂർവക്ഷത്രം ജഗത്ത് മിഥ്യ എന്ന് പറയുന്ന ആണ് ശരിയെന്നാണ് ആന്റെ വിശ്വാസം കാക്ഷിക്കാരുടെ വിശ്വാസം കാഴ്ചപ്പാടൊക്കെ അതുകൊണ്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും അതാണ് തുടക്കത്തിലെ പൂർവക്ഷമാണ് തുടക്കത്തിലുള്ള ഫൈറ്റിങ്ങാണ് മറ്റുള്ളവരോ സമ്മതിക്കുന്നത് അവരവർ അന്ന് ചെറിയ പ്രപഞ്ച സത്യം തന്നെയാണ് ഇപ്പൊ തുടക്കത്തിലെ ഫൈറ്റിങ്ങിലാണ് അത് നേരത്തെ വിശദീകരിച്ച ഭൈതി എന്താണ് വിഷ്ണുദാസ്മത് പ്രത്യേക ഗുരുജനോഹോ വിഷയവിഷയനോഹോ അതൊന്ന് പറഞ്ഞാണ് എന്താണ് പറഞ്ഞത് ഇത് എന്നുള്ള അറിവിനും വിഷയവുമായും ഞാനെന്നുള്ള അറിവിനും വിഷയമായിട്ട് ഇരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് വിഷയി എന്താണ് വിഷയം എന്ന് വെച്ചാൽ ഞാനെന്നുള്ള അറിവിനും വിഷയമായിരിക്കുന്നതാണ് വിഷയി അല്ലെങ്കിൽ ആത്മാവ് ഇതെന്ന് പറയുന്ന കുറേ ഒരു വിഷയമായിരിക്കുന്നതാണ് വിഷയങ്ങൾ എന്ന് വെച്ചാൽ ശരീര ഇന്ദ്രിയ മനസ്സ് എല്ലാം ഇതെന്താണോ തമപ്രകാശവും വിരുദ്ധ സ്വഭാവികവും ഇത് ഇരുട്ടം വിളിച്ചതുപോലെ പരസ്പര വിരുദ്ധമാണ് ആത്മാവും അനാത്മാവും ഇതരേതര അഭവാനുഭൂത്തി ഇത് രണ്ടും തമ്മിലുള്ള അനുഭവം ഉണ്ടാകത്തില്ല ഇത് രണ്ടും ചേർന്നിട്ട് ഞാൻ അനുഭവം ഉണ്ടാകത്തില്ല ഇതാണ് ഇതിരേതര ഭവ അനുഭൂതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ട് ഞാൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല പിന്നെ എങ്ങനെയാണ് കുറവോഷ് പറയുന്നത് ഞാൻ വേറെയാണ് ഇത് വേറെയാണ് അദ്വൈനി എന്താ പറയുന്നത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ട് ഞാനെന്നൊരു അനുഭവം അങ്ങനെയാണ് അഭ്യാസം ശരീരത്തിൽ നമുക്ക് ഞാനെന്ന് തോന്നുന്നത് അഭ്യാസമുള്ളത് അദ്വൈനി അല്ല എന്ന് ഞാനെന്ന് പറയുന്ന പേരെയാണ് ആത്മാമാണ് ശുദ്ധായാണ് ധർമാണാമഭി ശുദ്ധരായ ഇന്ദിരേന്ദ്രഭാവ അനുഭത്തി അതുകൊണ്ട് തന്നെ എന്താണ് ഈ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഒരു കലര കലരൽ സംഭവിക്കില്ല അധ്യാസം താദാത്മ്യം സംഭവിക്കില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല പിന്നെ ഇവയുടെ ധർമ്മങ്ങളും ഇതുപോലെ കലരത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിൽ ഒരിക്കലും ജഡത്വം അനുഭവം ഉണ്ടാകില്ല ശരീരത്തിലൊരിക്കലും ചൈതന്യ അനുഭവം ഉണ്ടാകത്തില്ല ജഡത്തിന്റെ ധർമ്മമാണ് ജഡത്വം അത് ആത്മാവിനുണ്ടാകത്തില്ല ആത്മാവിന്റെ ധർമ്മമാണ് ചൈതന്യം അത് ദേഹത്തിന് ഉണ്ടാകത്തില്ല രണ്ടും വേറെ വേറെയാണ് ഇതാണ് വ്യക്തമായി ധരിക്കേണ്ടത് ഇപ്പ പത്മീയം പറയുന്നത് എന്താണ് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചേർന്നിട്ട് നമുക്കൊരു അനുഭവം ഉണ്ടാവുകയാണ് ഭ്രാന്തി എന്ന് പറയുന്നത് അതായത് ശരീരധർമ്മം എന്നെല്ലാം അനുഭവപ്പെടുന്നു ജഡത്വം സ്ഥൂലത്തോ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ സ്ഥൂലനാണ് സ്ഥൂലമാണ് ഇനി ആത്മാവിൻ്റെ ധർമ്മം ശരീരത്തെ അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ എൻ്റെ ശരീരത്തിന് ചൈതന്യമുണ്ട് പറയുന്നു ഇവിടെ ഒരു കലരന് സംഭവിച്ചിട്ടില്ല രണ്ടും പേരെ വരെ ഇത് ആണ് ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട് വേറെ വേറെയുള്ള ഇത് കലർന്നിരിക്കുകയാണ് എന്നാണ് ഇത്യത അതുകൊണ്ടെന്താണ് അസ്മ പ്രത്യേകോചര വിഷയ ചിതാത്മക വിഷമപ്രത്യേക ജലസ്യ വിശേഷത്തെ നിർമ്മാണ ഞാൻ എന്നുള്ള അനുഭവത്തിൽ വിഷയമായിരിക്കുന്ന ചിതാത്മാവിന് വിഷ്ണുപ്രത്യേകോചരസ്യ വിഷയം ഈ വിഷയങ്ങളുടെ അവയുടെ ധർമ്മങ്ങളുടെയും ആത്മാവിൻ്റെയും അനാത്മാവിൻ്റെയും ആത്മധർമ്മങ്ങളുടെയും അനാത്മധർമ്മങ്ങളുടെയും ഈ അത്യാസം ഈ ഭ്രാന്തി കൂടിച്ചേർ ഒരനുഭവം കൂടിച്ചേർന്നതായിട്ടുള്ള നമ്മുടെ ഒരു അനുഭവം അത് എന്താണ് തദ്വിപരീണ വിഷയീണ തദ്ധർമാണെങ്കിൽ വിഷയ അത്യാസം അതാണ് ഞാൻ പറഞ്ഞത് ഈ വസ്തുക്കളുടെ ധർമ്മം ഈ വസ്തുക്കളെയെല്ലാം ധർമ്മം ആത്മാവിന് അനുഭവപ്പെടുക ആത്മധർമ്മങ്ങളെല്ലാം യു കയ്യിൽ അനുഭവപ്പെടുക ഇത് വ്യത്യാസവും മിഥ്യ അത് അസത്യമാണ് അങ്ങനെ ഒന്നില്ല അങ്ങനെ ഒരു അധ്യാസം ഇല്ല എന്നാണ് മിഥ്യ എന്ന് വെച്ചും യുക്തമാണ് എന്ന് പറയുന്നു എന്താണ് അത് ശരിയല്ല ഇവിടെ നമുക്ക് ഈ അനുഭവം ഉണ്ടല്ലോ ഞാൻ തടിച്ചവനാണ് എന്നൊരു ചൈതന്യമുണ്ട് ഇതെന്ന് പറയുന്ന ആത്മാവും അനാത്മാവും കൂടെ എന്താണ് താതാത്മ്യപ്പെട്ടുണ്ടാകുന്ന ഒരു അനുഭവമാണ് ഇവിടെ അധ്യാസം സംഭവിച്ചു കഴിഞ്ഞു നമുക്ക് രണ്ടിനെയും പ്രത്യേകം പ്രത്യേകമുള്ള അനുഭവം എന്നാണ് ഇതാണ് അത് പിന്നെ അതിനെ കുറിച്ചുള്ള എന്ന് പറഞ്ഞിനി അടുത്ത സിദ്ധാന്തത്തിലേക്ക് ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായി അറിഞ്ഞാൽ ഇനി പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാകും